ശിഷ്ടം പരിമയ സർവൂതം അധികം ത ഹോ യഥാർത്ഥം ജലിതോ പനഃ ശാന് ജലേ പ്രസാദമധിഗത്തി സർവഭൂതാണ് സർവപ്രാണികളെയും ജനിത കൗതുകന കൗതുകമുള്ള മനസ്സ് ശാന്തനെ ശാന്തമായി മനുഷ്യരെ പ്രസാദം അധികത്തിൽ സന്തോഷത്തെ പ്രാപിക്കുന്നത് തഥ നയന്തോ അങ്ങനെ ചന്ദ്രനെ കണ്ടുകഴിഞ്ഞാൽ പോലും ഒരാളുടെ മനസ്സിൽ സന്തോഷിക്കട്ടെ എന്നാൽ കൗതുകമുള്ള ഒരു മനസ്സ് ശാന്തനായ ഒരു മനുഷ്യന് സന്തോഷത്തെ കണ്ടെത്തും എന്ന് ആ ഒരു സന്തോഷം പൊതുവെ ചന്ദ്രൻ ചൂടുള്ള സമയത്ത് രാത്രിയിൽ ചന്ദ്രിക തണുപ്പുള്ള ചന്ദ്രിക റോടുകൂടി ചന്ദ്രനെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടാവും പകലിനെ അപേക്ഷിച്ച് രാത്രി തണുപ്പായി പൊതുവെ അങ്ങനെയാണ് പ്രകൃതിയിൽ കാണാം ചന്ദ്രന്റെ ഇഷ്ടപ്പെടുന്നത് ആര് ചൂട മനുഷ്യ തണുപ്പുണ്ടതാണ് വാശിഷ്ടത്തിൽ എത്ര തവണയാണ് ഈ ചന്ദ്രന്റെ ഉദാഹരണം കൊടുക്കുന്നത് എന്നുള്ള കണക്കി ഇതിനകം തന്നെ പലവണമെന്ന് കഴിഞ്ഞു നിരന്തരം ഈ ചന്ദ്രന്റെ ഉദാഹരണം കാരണം മനുഷ്യർക്ക് എളുപ്പം മനസ്സിലാകുന്നു എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നു സ്വകാര്യ മനുഷ്യനെ അനുഭവിക്കും ീത നമ്മൾ അത് എത്രയോ വലിയ സന്തോഷമാണ് ശാന്തനായ ഒരു മനുഷ്യന് കൗതുകമുള്ള ഒരു മനസ്സ് കണ്ടെത്തുന്നതാണ് ഇപ്പോ ശാന്തമായ ഒരു മനുഷ്യനെ കാണുമ്പോ കാണുന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാവണമെന്ന് നിയമമൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ജനിത കൗതുകം കൗതുകമുള്ള മനസ്സ് അത് സന്തോഷത്തെ പ്രാപിക്കുക അപ്പോ അതെന്തുകൊണ്ടാണ് സ്വന്തമായ ഒരു മനുഷ്യന് കൗതുകമുള്ള ഒരു മനസ്സിന് സമാധാനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് സന്തോഷം അതാണ് കാരണം കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊതുവെ പറയും അദ്ഭുതത്തെ തുടർന്ന് വരുന്ന ഒരു വികാരമാണ് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിനും മറ്റും പറയുന്നു നമ്മൾ അപരിചിതമായ എന്തെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത നല്ലത് ചെയ്ത് ഏതായാലും ശരി ആദ്യം ഉണ്ടാകുന്ന അത്ഭുതമാണ് എന്തായാലും ആദ്യ അത്ഭുതം ഉണ്ടാകും ഒരു മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ വസ്തുക്കളും കാണുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാവും എന്തായി അങ്ങനെ തുടർന്നുണ്ടാവുന്നവർ കൗതുക എന്താണെന്ന് അറിയില്ല ജിജ്ഞാസ എന്ന് പറയാം ക്യൂരിയോസിറ്റി കൗതുകം ഉണ്ടാവും അത് അങ്ങനെ പറയും സാഹിത്യ നിരൂപണങ്ങളിലൊക്കെ അങ്ങനെ പറയും കൗതുകം ഉണ്ടാവും കൗതുകം എന്ന് പറയുന്നത് ശമിക്കേണ്ടതാണ് കൗതുകം ചെയ്യിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവും എന്നും പറയും അപ്പൊ അത്ഭുതം അവിടെ അവസാനം അത് അത്ഭുതമൊന്നും അത്ഭുതം ആശ്ചര്യം ഇന്ന് അതുമില്ലാതാവും അപ്പൊ അത് ഈ ശാന്തജലം എന്ന് പറയുന്നത് കൊണ്ടാണ് സമാധാനമുള്ള ഒരു വ്യക്തിയെ കാണും ഒരാൾക്ക് കൗതുകം എങ്ങനെയാണ് ഈ വ്യക്തിയുടെ സമാധാനം ഉണ്ടാവുന്നത് അങ്ങനെ അറിയാനുള്ള ജിജ്ഞാസ ജിജ്ഞാസ എന്ന് പറയുന്നത് എല്ലാ അന്വേഷണങ്ങളുടെയും അടിത്തറയാണ് തത്വചിന്തയുടെ ആത്മാവാണ് ജിജ്ഞാസ തത്വചിന്തയുടെ ആത്മാവാണ് ജിജ്ഞാസം പശ്ചാത്തല പറയുന്നത് ഇതിനെ കുറിച്ച് നമ്മുടെ തന്നെ എന്താണോ അധാതോ ധർമ്മ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ഇവാറും എല്ലാ ശാസ്ത്രങ്ങളും തുടങ്ങുന്ന ജിജ്ഞാസയിലാണ് അറിയുന്നതിനുള്ള ആഗ്രഹം അതിനോടാണ് പിന്നെ അറിവിലേക്ക് കിടക്കുന്നത് അത് കോതുകം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം ഇതിനെക്കുറിച്ച് വേറെ മത്സരത്ത് വായിച്ചിട്ടുള്ള ശാസ്ത്രത്തിന്റെ വിശപ്പും തത്വചിന്തയുടെ ലാഭവുമാണ് ജിജ്ഞാസ ക്ലാസ് റൂമിന്റെ സയൻസ് സയൻസിന്റെ വിശപ്പാണ് വിശപ്പെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷിച്ചേ ആ വിശപ്പ് മാറത്തോ അറിഞ്ഞാലും ശമിക്കത്തോ സയൻസിന് അത് വിശപ്പ് പോലെയാണെങ്കിലും തപ്പ് ചിന്തയ്ക്കോ ദാഹം പോലെയുള്ളൂ രണ്ടും വേണ്ടത് കിട്ടിയാലേ മാറത്തുള്ളൂ അറിവ് കൊണ്ടേ രണ്ടും തൃപ്തിപ്പെടത്തുള്ളൂ മറ്റൊരിടത്ത് മുമ്പ് വായിച്ചിട്ടുള്ള ജിജ്ഞാസ് ശാസ്ത്രത്തെ ഭൗതികതയിലേക്ക് നയിക്കും ജിജ്ഞാസയാണ് തത്വചിന്തയെ പാതാളത്തിലേക്ക് നയിക്കും പാതാളം എന്ന് വെച്ചാൽ അർത്ഥത്തിലല്ല ദഹനമായ ആശയങ്ങളിലേക്ക് രണ്ടും ജിജ്ഞാസ എന്ന് പറയുന്ന കാര്യമാണ് അത് ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ഭൗതികതയിലെ ഭൗതികമായ അറിവുണ്ടാവും തത്വചിന്ത എണെങ്കിൽ അതെന്ത് വളരെ ദഹനങ്ങളായ ആശയങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗതുമ്പോ സമാധാനമുള്ള ഒരു വ്യക്തിയെ ആൾക്കാർക്ക് ജിജ്ഞാസ ആദ്യത്ഭുതം ഇയാൾക്കെങ്ങനെയാണ് സമാധാനമായിരിക്കുകയാണ് നമുക്കതില്ല അതാണ് ജിജ്ഞാസ് ക്യൂരിയോസ് അറിയുന്ന ആഗ്രഹം അത്ഭുതം എന്ന് പറയുന്ന വികാരത്തെ നമ്മുടെ മനസ്സിലുണ്ടാകുമെന്നാണ് എൻ്റെ കുട്ടിക്കാർ ആനയെ കാണുന്നു അത്ഭുതമാണല്ലോ ഇതെന്താ അവൽ ജീവിക്കും പിന്നെ മനസ്സിൽ പോകുന്നത് കൊണ്ടാകും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എന്താ ഇത് കഴിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഇയാൾ ഇതിനെ കൊണ്ടു നടക്കുന്നത് നമ്മൾ ഉപദ്രവിക്കുക എല്ലാ അന്വേഷണങ്ങളും ഈ കൗതുകത്തിൽ നിന്ന് തു മനസ്സിലായത് മനസ്സിലായതിനും ഒരിക്കൽ കൂടെ കേട്ടു അപ്പൊ മനസ്സിലാവും വാരി സിമ്പിളാണ് അത്ഭുതം കൗതുകം വേദം പഠിക്കുന്നവർക്ക് പഴയകാല അവർ ഇത് പഠിക്കുമ്പോൾ ഒരു അത്ഭുതമാണ് അതെന്താ എനിക്ക് പറയും ഒന്നും മനസ്സിലാകുന്നു ഒരുപാട് കടത്ത വാക്കുകൾ അപ്പോൾ ജിജ്ഞാസ ഉണ്ടാവും ആദ്യ അത്ഭുതം പിന്നെ ജിജ്ഞാസ് അതിൽ പറയുന്ന ധർമ്മം എന്താണ് വേദ ധർമ്മം യാഗാദിനോ ധർമ്മം യാഗാദി ധർമ്മങ്ങളെ കുറിച്ച് ജിജ്ഞാസുണ്ടാവും എങ്ങനെയാണ് എൻ്റെ പ്രയോജനം എന്താണ് അതെങ്ങനെ അനുഷ്ഠിക്കണം അതേ വേദത്തിൽ തന്നെ എന്ത് വരുന്നു ആത്മാവിനെ കുറിച്ച് പറയുന്നു ആത്മാവ് ഇതുവരെ കേട്ടിട്ടില്ല കേൾക്കുമ്പോൾ ഒരു അത്ഭുതം എന്താണ് ഈ ആത്മാവ് പിന്നെ കൗതുകം ഉണ്ടാവുന്നു ഇതെങ്ങനെ അറിയാം അറിഞ്ഞ എന്താ പ്രയോഗം ആത്മാവ് എങ്ങനെ ഇരിക്കും അതെവിടെയിരിക്കുന്നു നിരവധി ചോദ്യങ്ങൾ അതാണ് കൗതുകം അല്ലെങ്കിൽ കൗതുകത്തെ തുടർന്നുവരും സർവത്ര രീതി തന്നെയാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിരന്തരം ഈ കൗതുകത്തിലൂടെയാണ് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനുള്ള നമ്മുടെ ആഗ്രഹം അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ അറിയുന്നതിനുള്ള നിരന്തരമായ നമ്മുടെ അറിവ് ആഗ്രഹങ്ങൾ നമ്മൾ അറിവിനെ സഞ്ചയിക്കാൻ നമ്മളെ പ്രേരിക്കും ഓരോരോ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അറിവ് നേടാൻ അങ്ങനെ അറിവ് നേടുമ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ചും അതിനുള്ള ശേഷി ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ആ അറിവിൻ്റെ ആകത്തുക അതിൻ്റെ സാരം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് കൈകാര്യം ചെയ്യണം മാനേജ് അങ്ങനെ വന്നാൽ ജീവിതത്തിൽ ഒരാൾക്ക് നേരെ നമ്മൾ പോകാൻ പറ്റും അല്ലെങ്കിൽ ജീവിതത്തിലായിട്ട് ജയിക്കാൻ രണ്ടും പ്രധാനമാണ് ഒന്ന് ഏതൊരു വിഷയമാണോ നമ്മൾ അറിയേണ്ടത് ആ വിഷയത്തെക്കുറിച്ചുള്ള പരമാവധി അറിവ് നേടിയെടുക്കുക അതിന് ജിജ്ഞാസ ആവശ്യമാണ് നമുക്കിപ്പോ എന്താണോ വാശിഷ്ടത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് യോഗശാസ്ത്രത്തിൽ എന്ത് പറയാൻ ആഗ്രഹം പറയുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട് രാമാനുരാചാര്യൻ എന്ത് പറയുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ കൂടെ ജിജ്ഞാസയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ പകരുന്ന പരമാവധി അറിവ് നമ്മൾ നേടിയെടുക്കും ആ അറിവ് നിന്ന് നമ്മൾ മൊത്തം സംശയിക്കും ഇതൊന്നും വെവ്വേറെ അല്ല പൊതുവെ ആൾക്കാർ ഞാനിത് പറയുമ്പോൾ ഇതിനെ മൂന്നും മൂന്നായിട്ട് വേണ്ടിട്ടല്ല പറയും ഇത് ഒന്നിന്റെ തുടർച്ചയാണ് യോഗത്തിന്റെ തുടർച്ചയാണ് വാസിഷ്ടം അതിന്റെ തുടർച്ചയാണ് രാമാനുജൻ അതിന്റെ തുടർച്ചയാണ് യോഗം അതിന്റെ തുടർച്ചയാണ് വാസിഷ്ടം അതിന്റെ തുടർച്ചയാണ് രാമൻ കഴിഞ്ഞ ദിവസം രണ്ടൊരാളുകൾ സംശയി വാസിഷ്ടത്തിൽ നിന്ന് വാസിഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചൊരു സംശയി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ എന്ത് ക്ലാസ്സിൽ പറഞ്ഞാണെന്നും ഇല്ല പറഞ്ഞിട്ടില്ല എന്നായി പുള്ളി ഞാൻ കുറച്ചു സമയം ആലോചിച്ചു മനസ്സിലായി ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു വാസിഷ്ടത്തിലല്ല യോഗത്തിന്റെ ക്ലാസ് യോഗത്തെ കുറിച്ച് അർച്ച അപ്പോഴാണ് പുള്ളി പറയുന്നത് അങ്ങനെയോ ഞാനത് കേൾക്കാറേ ഇല്ല എന്തുകൊണ്ടത് ഞാൻ വാസിഷ്ഠത്തിന്റെ ഫാനാണ് അതെനിക്ക് ആവശ്യമില്ല ഞാൻ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു കാരണം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം യോഗത്തിന്റെ തുടർച്ചയാണ് വാസിഷ്ഠം അതിന്റെ തുടർച്ചയാണ് രാമാനുജൻ അല്ല എന്നെ സംബന്ധിച്ച് മൂന്നും മൂന്നല്ല ഞാൻ അവിടെ പറഞ്ഞത് അതിന്റെ ബാക്കി ഇവിടെ പറയും ഇതിന്റെ ബാക്കി അവിടെ പറയും ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ പൂർണമായും മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ അഡ്വെർട്ടൈസ്മെന്റ് അല്ല നിങ്ങൾ ഇത് മൂന്നും കേട്ടോ ഒന്നിനെ തുറന്നാണ് വേറെ ഒന്നും വരുന്നത് അല്ല ഞാനിതിനെ മൂന്നിനെ മൂന്നായി കണ്ടിട്ട് പറയും അങ്ങനെ വരാൻ കാരണം എന്താണോ നമ്മുടെ ചുറ്റുപാടുകളും വർത്തമാനകാലത്തെ അറിവുകളുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ മൂന്നായി കാണാൻ പറ്റും നമ്മള് സങ്കരഭാഷയെക്കുറിച്ച് ചർച്ച നമ്മുടെ മുമ്പിനില്ല അപ്പൊ അങ്ങനെയല്ല മൂന്ന് വിഷയങ്ങളാണ് പരസ്പരം ബന്ധപ്പെട്ടേ സംസാരിക്കും ഒന്നിന് മാത്രമായിട്ടുള്ള ചിന്ത ഒതുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ് ഞാൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഞാൻ പറയുന്നതിനൊപ്പം വരുന്നുണ്ടോ എന്ന് അറിയാനാ ചോദിക്കുന്നു ഞാൻ മറന്നിട്ടല്ല െക്കുറിച്ച പറഞ്ഞു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞു ആദ്യം പറഞ്ഞ ഇതെല്ലാത്തിനും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഇതാണ് ഏറ്റവും പ്രധാനം ഒരു വിഷയം നമ്മളിപ്പോ പരിഹരിക്കുന്ന തത്വചിന്തയാണ് സംഖ്യന്റെ തത്വചിന്തോ യോഗിയുടെ തത്വചിന്തോ വാശിഷ്ഠത്തിന്റെ തത്വചിന്തോ രാമാനുജന്റെ തത്വചിന്തോ ഇതൊക്കെയാണ് ഇത് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ഇൻഫർമേഷൻസ് അത് ആശയങ്ങൾ രൂപീകരിക്കാമോ ആശയങ്ങൾ ശേഖരിക്കാമോ അതിന്റെ സാരം നമ്മൾ ഉൾക്കൊള്ളും സാരം മതി എല്ലാം ഓർത്തു വയ്ക്കേണ്ടതായിരിക്കും എന്റെ സാരം ആ സാരം പറയുന്നത് നമ്മുടെ ദൈനംദിന ചിന്തകളെ സ്വാധീനിക്കത്തതായിരിക്കും എന്നു നമ്മൾ ജീവിതത്തിൽ അത് ഉപകരിക്കുന്നതായിരിക്കും കേട്ട് കളയാനുള്ളത് കാണാതെ പഠിക്കാനുള്ളതാണ് ആശയങ്ങളെ സംഗ്രഹിക്കാം എന്നുള്ളതാണ് പക്ഷെ ആശയങ്ങൾ എന്താണ് സംഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ സംഗ്രഹിക്കുന്ന നമ്മുടെ ഈ ആശയങ്ങളാണ് പിന്നീട് നമ്മുടെ ഇൻട്യൂഷനായി നമ്മളിത് പുറത്തു വരുന്നത് സാധനം പറയാറുള്ള ഗട്ട് ഫീലിംഗ് എന്ന് നമുക്ക് അത് നമ്മൾ ശേഖരിക്കുന്ന നമ്മുടെ ഈ ആശയങ്ങളുടെ ആകത്തുകയാണ് ഇപ്പൊ നമ്മുടെ വിവര ശേഖരണത്തിൽ ഈ ഡേറ്റ കളക്ഷനിൽ പോരായ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവ്യൂഷനും തകരാറായി അതാണ് നമുക്ക് വിവരമില്ലായ്മ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഇപ്പൊ തത്വചിന്തയെ സംബന്ധിച്ച് നമുക്ക് ശരിയായ വിവരം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര പരമാവധി അറിവ് അതിൽ നിന്ന് നേടണം അതിന്റെ സാരാംശങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നാലും ഏതൊക്കെ കൊണ്ട് പ്രയോജനമാണ് ഇപ്പൊ കൗതുകം എന്ന് പറയുന്നത് ഉണ്ടാവുമ്പോൾ എന്താണ് പൂർവമീമാംസെന്ന് ജിജ്ഞാസയുണ്ടാകും ഈ ധർമ്മത്തെ കുറിച്ച് അറിവ് നേടിയ ഒരാള് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാ പറയും അത് ഇതുമായിട്ട് കണക്ട് ചെയ്യും ഒരാള് വേദത്തിന്റെ ഉത്തരഭാഗം പഠിക്കും പഠിക്കുമ്പോ അവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നു അപ്പൊ അതിനെ കുറിച്ചെ ജിജ്ഞാസുണ്ടാകുന്നു അതിനെ കുറിച്ചാണ് പരമാധി വിവരങ്ങൾ ശേഖരിക്കുന്നു അതിന്റെ സാരാംശത്തെയാണ് ഉൾക്കൊള്ളുന്നു ആ സാരാംശം അവന്റെ ജീവിതത്തെ സ്വാധീനിച്ചാൽ അവൻ പ്രയോജനമാണ് എല്ലാം പ്രയോജനമാണ് ശാന്തനായ ഒരു മനുഷ്യനെ കാണും സ്വാഭാവികമായിട്ടും ഇയാൾ അത് എവിടെയും ഒരാൾ സർക്കസ് കാണും നമുക്ക് സ്വാഭാവികമായിട്ടും ഇയാളിത് എങ്ങനെ സ്വാധീനമായി അതി അത്ഭുതം ഇതെങ്ങനെ ഇയാളുടെ വിദ്യാഭ്യാസത്തായി ജിജ്ഞാസ അടുത്തുണ്ടാവും ഏതെങ്കിലും ഉണ്ടാവും അയാൾക്ക് എങ്ങനെ ശാന്തനായി ഇരിക്കാൻ കഴിയുന്നു എന്നൊരു ചിന്ത എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ കഴിയും ഒരു ഉണ്ടാകുമ്പോൾ അയാളുടെ മനസ്സിൽ ആ ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അയാളുടെ ഉള്ളിൽ അന്വേഷണങ്ങളും പഠനങ്ങളും ഉണ്ടാകും അപ്പൊ ശാന്തിക്കുള്ള പല ഉപായങ്ങളെ കുറിച്ച് അയാളെ ഒരുപാട് വിവരങ്ങൾ അയാൾ ശേഖരി അതിന്റെ ആദക്കം അതിന്റെ സാരാംശം അയാളുടെ ഉള്ളിലിരിക്കും അത് അയാളുടെ ജീവിതത്തെ സ്വാധീനം അപ്പൊ അയാളുടെ ശാന്തിനാണ് ഏത് വിഷയത്തെ സംബന്ധിച്ചിങ്ങനെ കേൾ ശാന്തിയെ സംബന്ധിച്ചെന്ന് ഉള്ള ആധ്യാത്മികമായോ പ്രമായ ആത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇതൊക്കെ ആത്മാവുമായി ബന്ധപ്പെടുത്തി പറയുന്നു ഈ ലോകത്തുള്ള ഏത് വിഷയങ്ങളെ സംബന്ധിച്ചോ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ആഴത്തിലുള്ള ആളുകളൊക്കെ ആദ്യം വേണ്ട എന്താണ് അതിനെക്കുറിച്ചുള്ള പരമാവധി വിവരശേഖരണം നടത്തുക തിരിച്ച് എന്താണ് തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കരുത് കാരണം നമ്മുടെ വിവരത്തിന്റെ ആകെത്തൊന്നാണ് നമ്മുടെ എൻജൂഷനും പരമാവധി വിവരം ശേഖരിച്ചതിനു ശേഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവിലേക്ക് പിന്നെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻസ് നമ്മളെ മിസ്സേടിക്കും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് രണ്ടും ആവശ്യമാണ് അതിന് സഹായിക്കുന്ന എന്താണ് നമ്മുടെ ജിജ്ഞാസം അതിനീ സയൻസും തത്വചന്തിയും മലർന്നതിനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ വിശപ്പ് എന്താകും എന്നൊക്കെ പറയും തത്വചന്തിയുടെ അത് പാതാളത്തിലേക്ക് നയിക്കുന്നു ഗഹനതയിലേക്ക് നയിക്കുന്നു മനുഷ്യർ അതെല്ലാം പറയുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിജ്ഞാസ് നമ്മൾ ഈ ചർച്ചകളൊക്കെ കേൾക്കുന്നു കേൾക്കുന്നു നമ്മുടെ ഉള്ളിൽ ഇതിനെ കുറിച്ചൊരു ജിജ്ഞാസുണ്ടായിരുന്നു അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു കൂടുതൽ ജിജ്ഞാസ ഉണ്ടാവുമ്പോൾ ചോദ്യം ജിജ്ഞാസ ഉണ്ടാവുമ്പോൾ ചോദ്യം അപ്പോ പ്രകൃതിയെ വായിച്ച ഈ എന്താണ് ശരിക്കും ജിജ്ഞാസ ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ജിജ്ഞാസ് ഒരു നല്ലൊരു നിർവചനം ചോദ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുക അപ്പോ ജിജ്ഞാസ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോ അത് ചോദ്യങ്ങളായി നടത്തിക്കുക അപ്പൊ അതിൽ കടിച്ചു നിർത്താൻ പാടില്ല വേദനയൊക്കെ കടിച്ചമർത്തുന്നു ചോദ്യം ചോദ്യമായിട്ട് തന്നെ പറഞ്ഞു മനസ്സ് പുറത്തും പറഞ്ഞു അത് ഒരിക്കലും നമ്മുടെ അറിവിനെ നിഷേധിക്കാൻ വേണ്ടിയാകരുത് കൂടുതൽ അറിവിനെ ആർജിക്കാൻ വേണ്ടിയാണ് ചോദ്യങ്ങൾ അങ്ങനെ പാടോ അറിവിനെ നിഷേധിച്ചോളേ അറിയാനുള്ള ആ വാതിലുകളൊക്കെ പൊട്ടി അടയ്ക്കാനായി അങ്ങനെ അജിജ്ഞാസ അറിവ് ശേഖരണത്തിലേക്ക് ഒരാളെന്നായിരിക്കും അയാൾ അറിവിന്റെ സാരത്ത് ഗ്രഹിക്കുകയും ശാന്തി കുറിച്ചാണ് അയാൾക്കറിയേണ്ടത് അപ്പോ ശാന്തിയെക്കുറിച്ചുള്ള വിവരങ്ങളായ അതിന്റെ സാരത്തെ ഗ്രഹിക്കുകയും അതായുടെ ജീവിതത്തിന്റെ ഭാഗമായി അയാൾക്ക് ശാന്തനായിരിക്കാം ശാന്തി എന്ന് പറയുന്നത് കൊറോണ പോലെയാണ് ഒരാൾക്ക് കൊറോണ പിടിപെട്ടാൽ അയാളുമായിട്ട് സഹകരിക്കുന്ന എന്താണ് അതുകൊണ്ട് അതുപോലെ ഒരാൾക്ക് ശാന്തി പിടിപെട്ട് കഴിഞ്ഞാൽ അയാളുമായിട്ട് അടുത്ത് സഹകരിക്കുന്നവർക്കല്ല ശാന്തി ഉണ്ടാവും രണ്ടും വിപരീത ഫലങ്ങളെ ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് സർവഭൂതാണ് സർവപ്രാണികൾ കൗതുകമുള്ള മനസ്സ് വിജ്ഞാസമുള്ള മനസ്സ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മനസ്സ് ശാന്തമായ ഒരു വ്യക്തിയിൽ ശാന്തിയിൽപ്പെട്ടു ശമശാലയിൽ സൗഹാർദ്ദീ സവേഷി കണ്ടിട്ടും സുജനെ പരമന്തത്വം സ്വയമേവ പ്രസീതീ ശമചാരി ശാന്തിയുള്ള വ്യക്തിയിൽ സൗഹാർദ്ദപതി സൗഹാർദ്ദമുള്ള വ്യക്തിയെന്ന് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് നിഷേധാത്മകമായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെറുപ്പും വിദ്വേഷ വ്യക്തികളോടും വെറുപ്പും വ്യക്തികളോടും വിദ്വേഷ സൗഹാർദ്ദം സുജനയും അതിനുള്ള സൂചനകളില്ല സർവേഷു ജന്തുഷു സർവപ്രാണികളിലും പരമം തത്വവും പരമമായ തത്വവും സ്വയമേവ പ്രസിദ്ധ സ്വയം യും ഇതെന്താണ് ചർച്ച ചെയ്യുന്നു ആത്മാവിനെ കുറിച്ച് ബ്രഹ്മത്തെ കുറിച്ചൊക്കെ അപ്പൊ പരമമായ തത്വം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മതത്വം വെളിപ്പെടുന്നു എന്നാണ് അപ്പോ സമകാമി സൗഹാർദി സുജനേ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവരുടെ സാമീപ്യത്തിൽ എന്തൊക്കെ സംഭവിക്കാമോ അതെല്ലാം വന്നു അതായത് സപ്തമിയന്നെ ഇവിടെ സപ്തമിയാണ് സിദ്ധാന്തം പഠിച്ചിട്ടുണ്ടോ ഉണ്ടോ പഠിച്ചിട്ടുണ്ടോ ആധാരവും അധികാരമോ സൂത്രം പഠിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് പഠിച്ചു അവപശ്ലേഷികം ഉപശ്ലേഷ സാമീപ്യ സംബന്ധം ഉപസപ്തമിക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട് പഠിക്കുന്നപ്പോൾ അങ്ങനെ അർത്ഥം പറയുന്നത് നമ്മളിതൊക്കെ വൈകാനികവും വ്യാകരണത്തിന്റെ നിയമങ്ങളനുസരിച്ച് അർത്ഥം പറയും നിങ്ങളിതേ എന്തെങ്കിലും വായി തോന്നിയത് ബോധങ്ങൾ പാട്ടെന്ന് പറയുന്ന പോലെ മതപ്രഭാഷകന്മാർ പറയുന്ന പോലെ അല്ല പറയുന്നത് ഭാഷയുടെ പ്രയോഗങ്ങൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ഞാൻ അങ്ങനെ പറയുന്നു എന്നല്ല നിങ്ങളങ്ങനെ പറയുന്നു എന്നാണ് പറയണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ വേണ്ടിയിട്ടാണെങ്കിൽ യാതൊരു കാര്യം അപ്പൊ സാമീപ്യം അങ്ങനെ ഒരർത്ഥമുണ്ട് ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടാണ് തസ്മിൻ എന്താണ് ദൃഷ്ടപൂർവ്വസിയാണ് ആ സൂത്രത്തിന്റെ വ്യാഖ്യാനം ഏറ്റവും ഉപയോഗം കുറച്ചൊക്കെ മനസ്സിലാവും തസ്മിൻ എന്ന് പറയുന്നതിന് എന്താ അർത്ഥം പറഞ്ഞത് ഇണച്ചി അച്ചി പരമിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ സമീപം എന്നുള്ള അർത്ഥം കൊണ്ടാണ് പരവെന്നുള്ള അർത്ഥം കൊണ്ട് അല്ലാതെ അച്ചി സപ്തമിക്ക് പരമെന്നൊരു അർത്ഥമില്ല അത് ഒരുപാട് ചർച്ച ചെയ്തതാണ് അതുപോലെ എനിക്ക് മനസ്സിലാവും ഞാൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അത് അറിയാത്ത ഒരു ദോഷം തന്നെ ഞാൻ പറയുന്നത് അറിയുന്ന ഒരു ശ്രമം അതെപ്പോഴും വേണം ഒരു പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അല്ലാതെ ഇപ്പൊ സപ്തം വേണ്ടുകഴിഞ്ഞാൽ ആ സന്ധി ക്രിഷ്ട പുറത്ത് മാത്രമാണ് ഒരുപാട് അർത്ഥങ്ങൾ അഭിവ്യാപകം വിഷയം നിരവധി അർത്ഥങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോ എന്ന് പറയുന്നു സുജന അവരുടെ സാന്നിധ്യത്തിൽ എന്നുള്ള അർത്ഥം സുജനങ്ങളെ ആധാരമാക്കി നോക്കാൻ പുറത്തേറിയിരിക്കാൻ പറ്റും സൗഹാർദ്ദപതി സുചനീയ സജ്ജനങ്ങൾ സ്വീകത്തിൽ എന്താണ് സർവപ്രാണികളിലും പരമം തത്വസേനയും ഈ പരമന്തത്വം എന്ന് പറയുമ്പോ ഇവിടെ ആധ്യാത്മികമായ സന്ദർഭത്തിൽ ഇതിന്റെ പരമമായ പ്രയോജനം എന്ന് കുറിച്ച് പറയണം അവിടെ നമ്മൾ മനസ്സിലാക്കും ഏത് കാര്യത്തിനുസരിച്ചു മുഖ്യമായ പ്രയോജനമുണ്ട് അവാന്തരമായ പ്രയോജനമുണ്ട് നമ്മൾ രാമാനുജന പഠിച്ചപ്പോ പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു മുഖ്യമായ പ്രയോജനവും അവാന്തര പ്രയോജനവും കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് അല്ലാതെ വാസിഷ്ടത്തിന്റെ തുടർച്ച ഒന്നും മനസ്സിലേക്ക് രക്ഷപൂർണ്ണമാസാദ്യ സ്വർഗകാമോ വിജയിതെന്ന് പറഞ്ഞ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ് അവാന്തര എന്താണോ സർവം ആയുർ രീതി ആയുസ് വർദ്ധിതി പോലെയുള്ള ഫലം അവർ വേണ്ട ചർച്ചയിൽ അതുപോലെയുള്ള എല്ലാ കാര്യത്തിൽ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് ആ പരമമായ തത്വയുടെ എന്താണ് പരവുമായ ബ്രഹ്മതത്വം അതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്താണ് റിലവെന്റ് ആയിട്ടുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ചുകൂടി പറയുന്നുള്ളതിലും നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളോട് പറയുന്നുണ്ട് ഈ പറയുന്ന പരമമായ തത്വം അതൊന്നും നമുക്ക് തൽക്കാലം പ്രയോജനപ്പെടാതെ പോകുന്നു നമ്മളവിടെയൊന്നും അല്ല അത് മറിച്ച് നമുക്ക് പ്രയോജനമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം പ്രയോജനപ്പെടുത്താൻ പറ്റിയ കാര്യം കുറച്ചുകൂടെ ഈസിയായിട്ട് തുടങ്ങിയത് അതിവിടെ പറയുന്നതാണ് അപ്പൊ ശാന്തി എന്ന് പറയുന്നതിന്റെ ഏറ്റവും പരോവമായ പ്രയോജനം എന്ന് പറയുന്നത് ഇവിടെ അശിഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് മുഖ്യ അവിടെ എന്തു ചെയ്തു പരവമായ തത്വം പ്രഭാസിക്കുന്നു ആത്മബോധം ആത്മബോധം എന്ന് പറയുന്നത് എന്താണ് ഈ പരമമായ തത്വം പ്രകാശിക്കണമെന്ന് നിർബന്ധമൊന്നും അതും ആത്മബോധം തന്നെയാണ് പക്ഷേ ഈ ആത്മബോധം ക്ലെയിം ചെയ്യുന്ന പലർക്കും അവനവനെക്കുറിച്ചുള്ള ബോധം ഇല്ലാതെ അവനവനെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്നതായിട്ട് പോകും എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ചുള്ള ബോധം ഏറ്റവും പ്രധാനപ്പെട്ടാണ് മറ്റേ അവിടെ ഇരിക്കട്ടെ വരട്ടെ വരുമ്പോ നമുക്ക് കാണാം ഓരോരുത്തരും അവനവനെ കുറിച്ചുള്ള ബോധം വേണം ഈ പറയുന്ന പരമമായ തത്വത്തെ കുറിച്ച് തന്നെ ഞാൻ അവനവനെ കുറിച്ച് ബോധം വേണം ഞാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഏ ആത്മബോധം എന്ന് കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് അവനവനെക്കുറിച്ചുള്ള ബോധമായിരിക്കണോ മനസ്സിലായത് പരമമായ തത്വത്തെ കുറിച്ചുള്ള ബോധമുണ്ടാവും അതിനെക്കുറിച്ചല്ല പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ തന്നെ നമുക്ക് അവനവനെ കുറിച്ച് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം ഒരു ബോധമില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ പരമമായ തത്വം ഞാനൊന്ന് പറയുന്നത് നമുക്കൊരു മരും പരീത പോലെ അനുഭവപ്പെടുന്നതായിരിക്കും അതിൽ ഒരു സ്വപ്നം മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ശാന്തമായ മനസ്സാണെങ്കിൽ നമുക്കതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മളെ കുറിച്ച് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാൻ ചെറിയൊരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ വികാരങ്ങൾ ഇമോഷൻസ് അതുകൊണ്ട് നമുക്ക് ബോധം വേണ്ട വേണോ വേണ്ടത് നമുക്ക് ശരിയായ ധാരണ വേണ്ടതാണ് അത് വേണ്ടവാര നമ്മുടെ ചിന്തകൾ വേണ്ടവരും ഇതൊക്കെ അവനവനെ കുറിച്ചുള്ള ബോധമാണ് ഞാൻ നിങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാക്കുന്ന സദ്യയെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കും എന്റെ വികാരങ്ങൾ മനസ്സിലാക്കും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ വിശ്വാസം അതിനെക്കുറിച്ച് എനിക്ക് ബോധം വേണ്ട ഉള്ള ശരിയെ നന്മയും തിന്മയും ഞായും എൻ്റെ നമുക്ക് സ്വയം മനസ്സിലാകും നമ്മുടെ മനസ്സ് ശാന്തമായി എന്നാലും നമ്മുടെ മനസ്സ് ശാന്തമായി മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എന്താണ് ആ പോരായ്മ ഞാൻ ഇവിടെ ചർച്ച തുടങ്ങുന്ന തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമോ പറഞ്ഞാൽ മതി നമ്മളെല്ലാം എന്താ ചെയ്യുന്നത് ഈ ബ്രഹ്മെന്ന് പറയുന്ന മഹാമേരുവിൽ ചാടിക്കയറി കയ്യങ്കിൽ തെറ്റി താഴെ കഴിഞ്ഞ് പല്ലുപോയി കിടക്കുന്നവരാണ് ണോ ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് പറയുന്ന കാര്യം ഇന്നു വന്ന് ആത്മീയ അന്വേഷിക്ക അവിടെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ കുറിച്ച് നമ്മളറിയുന്നു അതാണ് ആദ്യം വേണ്ട സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഭാവനകള് എന്നു വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ മനോമണ്ഡലത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് എത്രമാത്രം ശാന്തമായിരിക്കുമോ അത്രമാത്രം നമ്മുടെ തിരിച്ചറിവിന് എന്തുണ്ടാവുന്നു വ്യക്തത ക്ലാരിറ്റുള്ളിലൊരു വികാരം കടന്നു വരുമ്പോ ഇതെവിടെ നിന്ന് വന്നു എന്തുകൊണ്ട് വന്നു അതിന്റെ വേരിലേക്ക് പോയി കടന്ന് എല്ലാം നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായി അതെ നമുക്ക് മനസ്സിലാക്കാം ശാന്തമായി മനസ്സിലായി നമുക്ക് സമയം ശൈക്കലിക്ക് ഹോകം കേട്ടിട്ടുള്ള മനുശാസ്വസ്ഥത ചർച്ചയുണ്ട് നമ്മുടെ ഉള്ളെന്ന് പറയുന്ന ഒരു മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ആ മൂടൽ മഞ്ഞു എന്തുകൊണ്ടങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ച് ഈ മനസ്സിന് ശാന്തതയില്ലാത്ത ജീവിതത്തിന് ശാന്തത കൈവരിക്കാൻ കഴിയാത്ത അപ്പോൾ മനസ്സിൻ്റെ ശാന്തത എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ വ്യക്തതയ്ക്കാവശ്യമാണ് ആ വ്യക്തത വരുമ്പോൾ ഈ മൂടന്മഞ്ഞു മാറിക്കും ആ വ്യക്തത കൊണ്ടെങ്കിൽ മനസ്സ് ശാന്തമായി മനസ്സ് സംഘട്ടങ്ങൾ ും ആ വ്യക്തത ഉണ്ടാവത്തില്ല ശാന്തി ഉണ്ടാവത്തില്ല അപ്പൊ ശാന്തിക്ക് പ്രയോജനമുണ്ട് ആ മനസ്സിന് വ്യക്തത ഉണ്ടായാൽ എന്താ എന്താ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ എന്താ പ്രയോജനം ശരിയായ സമയത്ത് നമ്മുടെ ജീവിതത്തെ ശരിയായ തീരുമാനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എടുക്കുന്നതിനുള്ള നമ്മുടെ ശേഷി കൂടിക്കൂടി ജപ്പാൾ ജന്മങ്ങളായി പോകത്തില്ല ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേടിയെടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ശേഷി നമ്മൾ സ്വയം തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ട എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് ഉപദേശകന്മാരും ഓരോരോ വിഷയങ്ങളും ഉപദേശിക്കുന്ന ആൾക്കാർ സാമ്പത്തിക പഠിച്ച ഒരാളായിരിക്കും പ്രധാനമന്ത്രിയാണ് പ്രതിരോധ അപ്പൊ അവരിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിക്കുക ഈ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അതിന്റെ വിശങ്ങൾ നിൽച്ചാലും അതിനെ മനസ്സിലാക്കാനും എന്നിട്ട് സ്വയം തീരുമാനമെടുക്കാനും കഴിവുള്ള ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയായിരിക്കാൻ പറ്റുള്ളൂ അനങ്ങൾ എന്തെയും പ്രധാനമന്ത്രിക്ക് വേണ്ടി മറ്റുള്ളവർ തീരുമാനം പല തീരുമാനങ്ങളുണ്ടാകും അങ്ങനെ പലരും തീരുമാനം അവിടെ കോൺഫ്ലിക്ട്സ് ഓഫ് ഇന്ററസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധി കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ് കുഴഞ്ഞും മറി നമ്മുടെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ ഉള്ള ഒരു കഴിവുണ്ടെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടെ പ്രായത്തിൽ സംഭവിക്കുന്നറിയില്ല അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സെൽഫ് അവെയർനെസ് കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി മനസ്സ് ശാന്തമായിരുന്നാലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ അവരുടെ അടുത്തുകൊണ്ട് വന്നത് ഇപ്പോഴുള്ള ആൾക്കാർ കുട്ടിക്കാർ ഭക്ഷണം തിന്നു വസ്ത്രം തിന്നു വിദ്യാഭ്യാസം തന്നു ഒരു തൊഴിൽ നേടാൻ എന്താണ് അവരുടെ താല്പര്യം നമ്മളെ സംബന്ധിച്ചത് നമ്മൾ സ്വന്തം കാലം നിൽക്കുക സ്വയം ജീവിക്കുക കാരണം അവർക്കറിയാം പുഞ്ചായിരിക്കുമ്പോൾ അവരുടെ സഹായം നമ്മൾ അടക്കഴിഞ്ഞാൽ അവരില്ലാതെയും നമ്മൾ ജീവിക്കണം അപ്പൊ സ്വന്തം കാര് നിക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ സ്വയം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകാന്നുള്ള അപ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പലരുടെയും ഉപദേശം ആവശ്യമായിട്ട് വരും പക്ഷെ സ്വന്തം തീരുമാനം അതിന് ഉള്ള ശേഷി ഒരാൾക്കുണ്ടായാലേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇല്ലെങ്കിൽ അയാളുടെ ജീവിത മേഖലയായിരിക്കും നിരന്തരം അതാണ് നമുക്ക് ഒരിക്കൽ സ്വന്തം കണ്ടിരിക്കാൻ പറ്റും മാതാപിതാക്കൾ ആഗ്രഹിച്ചതിരിക്കുന്ന നമുക്ക് ജീവിക്കാൻ അപ്പോൾ അതിനും മനസ്സിൽ ശാസ്ത്രം സ്വയം തീരുമാനങ്ങൾ എടുക്കും അതിനുവേണ്ട ഉപദേശങ്ങൾ മറ്റുള്ളവരൊന്ന് സ്വീകരിക്കും എവിടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും എന്ത് പ്രവൃത്തി ചെയ്താലും ഈ ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശേഷി അപ്പൊ ചോദിക്കും അപ്പോ ഗുരുക്കന്മാരോ മാതാപിതാക്കൾ സ്വന്തം കുട്ടി സ്വയം സ്വന്തം കാലം നിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നു ഗുരുക്കന്മാരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാർ വളരുക എന്നാണ് ആഗ്രഹിക്കുന്നു അപ്പൊ അവര് സ്വന്തം കാലം നിൽക്കുക എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവനതിന് ശേഷിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അവനെന്നും ഇങ്ങനെ ഡിപെൻഡന്റ് ആയിരിക്കും ഗുരുക്കന്മാരോട് പരാജയപ്പെട്ടു അതാണ് സംഭവിച്ചത് അവർ സ്വയം മാറാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പ്രശ്നം എന്തുകൊണ്ട് അതിന്റെ മനസ്സങ്ങൾ കണ്ടിവിടുന്നു പിന്നെ ചിലർ വിചാരിക്കുന്നത് എന്താണ് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന എന്തോ ഒരു പ്രശ്നമാണ് അവിടെ ഈഗോ കടന്നു വരും പരവുമായ ആത്മീയ ബുദ്ധിത്വങ്ങൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ എന്നറിയത്തില്ല പലരും അമ്മയടുത്ത് എന്ന് ചോദിക്കാറുണ്ട് മുടി മുറിക്കട്ടോ നഗ മുറിക്കട്ടോ അങ്ങനെയുള്ളവരൊന്നും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടെന്ന് വെച്ചാൽ ചോദിച്ച ആൾക്കാരെ തന്നെ എന്നോടും എന്ന് പറഞ്ഞു ഞാൻ അമ്മയെടുത്ത് ചോദിച്ചിട്ട് മുടി മുറിക്കാറ് ഇതൊക്കെ ഇതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് കൊണ്ടു നടക്കുകയാണ് അതൊരു ക്വാളിറ്റിയാണ് ഞാനൊരിക്കലും പറയുന്നത് എന്റെ അറിവ് വെച്ച് ഞാനൊരിക്കലും പറയട്ടെ നമ്മുടെ ജീവിതമേ കൺഫ്യൂഷനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് പരമാവധി കഴിയുന്നതെന്താണ് മറ്റൊരാളെ നിരന്തര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ഇങ്ങനെ ചോദ്യങ്ങൾ പോകുന്നു എന്ന് മറ്റൊരാളുടെ ഒരാളുടെ ചോദ്യങ്ങൾക്ക് എന്നും മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ചോദ്യങ്ങൾ എഴുതി വെക്കാൻ പറയും അതൊക്കെ എന്താണ് നമ്മുടെ പോരായ്മകളാണ് എന്ന് തിരിച്ചറിയും അതൊന്നും ഒരിക്കലും ക്രെഡിറ്റ് അല്ല അതൊക്കെ ഡിസ്ക്രെഡിറ്റ് ഒരു വ്യക്തി എന്നുള്ളതാണ് എനിക്ക് എന്താണ് അവന് സ്വയം ബോധമുണ്ടായി തീരുമാനങ്ങളെടുക്കും അവന് തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്ത സങ്കീർണമായ വിഷയമാണ് അവടെ ഉപദേശിച്ചു അതിന് ഉപദേശിച്ചു തങ്കരവരിൽ നിന്ന് നേടാൻ മറ്റുള്ളവരിൽ നിന്ന് തേടാം ആരും തേടാം അസുഖമായിട്ട് ഡോക്ടറെടുക്കണം ഡോക്ടർ പറഞ്ഞ രണ്ട് ഓപ്ഷനാണ് ഒന്ന് സർജറി മറ്റൊന്ന് മെഡിസിൻ രണ്ട് വഴികൾ ശരിയപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് ഗുണകരമായി മാറുന്നത് ഡോക്ടർ പറയുന്നത് നിങ്ങക്ക് ഗുണകരമായി മാറുന്നത് സർജറിയായിരുന്നു മെഡിസിൻ കൊണ്ടിരിക്കുന്നത് ശരിയാകും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനാണ് സർജറി അല്ലേ പിന്നെ മെഡിസിന്റെ പുറകെ പോകാതിരിക്കുക കാരണം അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കുക അവിടെ സ്വയം തീരുമാനം എടുക്കാമെന്ന് പറയുന്നത് എന്താണ് ഡോക്ടറുടെ തീരുമാനത്തിന് അനുസരിക്കാമോ അത്തരം സന്തോഷം കാരണം ആരോഗ്യശാസ്ത്രത്തിനും ചികിത്സാ ശാസ്ത്രത്തിനും ഒരു ഡോക്ടറുടെ വൈദഗ്ധ്യം നോക്കില്ല അതിന് പല ഡയമെൻഷൻസുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് എന്താണോ ആ തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം ആ ശേഷിയില്ലെങ്കിൽ ഡോക്ടർ പറയണം നല്ലത് സർജറിയാണ് പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൊടുക്കുകയാണ് മെഡിസിൻ കഴിക്കുന്നു വന്നത് സർജറി സർജറിയാണോ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കിടന്ന് അവസാനം എടുക്കുന്ന തീരുമാനം അബദ്ധമായിരിക്കും അതുകൊണ്ട് ഇടപാടുകയും അങ്ങനെ വരാൻ നിങ്ങളുടെ അടിസ്ഥാനപരമായി എഫ് നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടായി മൂടൽ മഞ്ഞുകൾ മനസ്സിനും അങ്ങനെ ശാന്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിൽ സാരിക്കും എന്തിനെ സംബന്ധിച്ച് സ്വന്തം ജീവിതത്തെ സംബന്ധിച്ച് സ്വന്തം തീരുമാനങ്ങളെ സംബന്ധിച്ച് അതുണ്ടാവും അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശാന്തി അത് വർദ്ധിക്കും നമ്മുടെ സമാധാനത്തിന് അതൊരു മുതൽക്കൂട്ടാവും തുടർന്ന് ശാന്തമായി ജീവിക്കാനും സഹായിക്കും അതുകൊണ്ട് ആത്മബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രഹ്മത്തെ ബ്രഹ്മത്തിൽ വരുന്ന നേരിടാവുന്ന ഒരർക്കം നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു സാമാന്യമായ അർത്ഥം ആ തിരിച്ചറിവിനെ ഏറ്റവും വേണ്ടത് നമ്മുടെ മനസ്സിന് നിശാന്തിയാണ് അതിനുവേണ്ടത് എന്താണ് നമ്മുടെ അറിവിൽ അതിനേറ്റവും പ്രധാനമായി വേണ്ടത് നമ്മുടെ അറിവിനെ വിപുലപ്പെടുത്തുക ആ വിഷയത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് ളിഞ്ഞ മനസ്സോടെ തീരുമാനം മുമ്പോട്ട് പോകും ഇതെങ്കിൽ ജീവിതാവസാനം വരെ ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ പോയി ബ്രഹ്മത്തിന്റെ അഷ്ടം ഒരിക്കലും വ്യക്തത്തില്ല മനസ്സുമാനം നഷ്ടപ്പെടുകയും ചെയ്തു എന്താണ് സന്തോഷം അല്ലെങ്കിൽ ശാന്തി വന്നിട്ട് ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ ൂര്യം വായി ചവിക്കും അതിന്റെ ഒരു രസത്തിനിങ്ങനെ കുറെ സമയം വായിക്കുന്ന ഒരു രസമാണ് അതുപോലെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന എന്താണ് ഇരുപത്തിനാല് ഇങ്ങനെ ഒരു സന്തോഷത്തിരിക്കുക അന്ന് നടക്കുന്ന കാര്യം എന്തുകൊണ്ട് നടക്കില്ലാന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അതിനു ഇത് ഭൗതികമാണ് അതതിന്റെ സ്വഭാവം കാണുന്നത് ണിക്കൂറിങ്ങനെ തുലെ ആനന്ദത്തെ ഉറിഞ്ചിക്കൊണ്ടിരിക്കാൻ പറ്റും ആസ്വദിച്ചുകൊണ്ടിരിക്കാനൊന്നും ആർക്കും കഴിയില്ല അതൊക്കെ വെറും കുൽത്തങ്ങളും മൂഢസൂത്രങ്ങളുമാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ അഭിനയിക്കാം ഞാനിങ്ങനെ പരമാനന്ദത്തിയിരിക്കണം അതിനപ്പുറം നടക്കുക ആത്മവഞ്ചനയും പരവഞ്ചനയും അത് നടക്കുന്ന കാര്യമാണ് പിന്നെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിനും കഴിയുന്നത്ര ശാന്തമായിരിക്കുക കഴിയുന്നത്ര സ്വസ്ഥമായിരിക്കുക അതിൽ സന്തോഷം കിട്ടുന്ന സമയം സന്തോഷമായിരിക്കുക ഇനി സന്തോഷം കിട്ടാത്ത സമയം എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് ജീവിക്കുക സന്തോഷമല്ലാത്ത പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കിട്ടും അതേ മനുഷ്യന് സാധ്യമാകും മനുഷ്യൻ സാധ്യമായിട്ട് അത്രയൊക്കെ നടക്കും അല്ലെങ്കിൽ യോഗി പറയുന്ന പോലെ ഇതിനെല്ലാം നിരോധിച്ചിട്ട് നിർവികൽപ്പ സമാധിയിരിക്കണം അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല അവിടെ കാലവും ദേഷ്യവും ബോധവൊന്നുമില്ല മറിച്ചാണെങ്കിൽ എന്താണ് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ രണ്ട് പ്രയോജനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്നെന്താണോ പോയി കണക്ഷൻ പോയി പരവുമായ പ്രയോജനം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് എന്താണോ പരമതത്വ സ്വയം യോഗ അത് സംഭവിച്ചോട്ടെ അത് സ്വയം വരുന്നു എന്നെ പറയുന്നു അത് നമ്മളതിനുവേണ്ടി കാത്തിരിക്കേണ്ടായില്ല അത് സ്വയം സംഭവിക്കുന്ന സമയത്ത് സംഭവിച്ചോട്ടെ അതിനെ പാഠം കൂടാ പരവതത്വം സ്വയം എന്നാണ് പ്രകാശിച്ചത് പക്ഷെ അതുവരെ നമുക്ക് ജീവിക്കില്ലേ ഈ ലോകം എങ്ങനെ ജീവിക്കണം സമാനമായി ജീവിക്കുന്നു അതിനുവേണ്ട ചിലപ്പോൾ അവയർനെസ് ആത്മബോധനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിന് നമുക്ക് വേണ്ട സമാധാനം അപ്പോ നമ്മുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും വിചാരങ്ങളെയും എല്ലാം നമ്മള് തിരിച്ചറിയുമ്പോ അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുത്തോ അതിന്റെ നന്ദി തന്നെ ശരി അറിഞ്ഞതിന് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ ഒരു വഴി തുറന്നു സമാധാനമായി മുമ്പോട്ട് പോകും അപ്പൊ അതിന് പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് സമാധാനമായി മുമ്പോട്ട് പോകണമെങ്കിൽ ശരിയായ സമയങ്ങൾ ശരിയായ തീരുമാനമെടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകും നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്ത് പാടില്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് എന്തു പാടില്ലെന്ന് പറഞ്ഞത് ഏ കഴിഞ്ഞ ക്ലാസ് ഇന്ന് പറഞ്ഞില്ല രണ്ട് ക്ലാസ്സുകൾ മൂന്നാമത്തെ ക്ലാസ് അതാ പറയുന്ന തുടർച്ചയായി വരുന്ന വാസിഷ്ടത്തിന്റെ തുടർച്ചയല്ല നമ്മുടെ ചർച്ചയുടെ തുടർച്ചയാണ് ഏ രണ്ട് ക്ലാസ് പറഞ്ഞത് ഞാൻ രണ്ട് ക്ലാസ്സിലെ പറഞ്ഞോളൂ അതുകൂടെയാണ് എന്തെങ്കിലും അവിടെ നിന്ന് പ്രയോഗിക്കാൻ പറ്റും സ്ഥിരം പറയുന്നത് ഓർമ്മ ഒന്നിനോട് ഓവർ റിയാക്ഷൻ പാടില്ല ഒരു മൂന്നാമതാണ് ഞാൻ ആ അതാണ് ആകെ തകരാറുള്ള നമ്മള് നമ്മൾ പറയുന്നത് എടുത്തിയാട്ടം ആ എടുത്തിയാട്ടം പാടില്ല നമ്മുടെ സമാധാനത്തിൽ ഇപ്പോൾ സംവേദനകൾ എന്ന് പറയുന്ന നമ്മുടെ അനുഭവങ്ങളാണ് അത് നമുക്ക് പലപ്പോഴും നമുക്ക് തെരഞ്ഞെടുപ്പ് സാധ്യത ഓരോ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു ഓരോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു ഹവായെന്ന് വിളിക്കുന്നു കുശലം ചോദിച്ചു പേർത്തച്ചീ തോളിക്കുന്നു രണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ഈ രണ്ട് ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ പുശ്വരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് അസ്വസ്ഥമാക്കണം ചീത്ത പിടിച്ചാൽ വളരെ അസ്വസ്ഥ അത് സ്വാഭാവികമാണോ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഒരു സ്വസ്ഥതയാണ് മനസ്സിൽ സജകമായ സ്വസ്ഥ പക്ഷെ അതിനോട് എത്ര മാത്രം നമ്മൾ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഒരതിർവ് വരമ്പ് വേണ്ടത് ഏതുവരെ ആകാം ചെറുപ്പം നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരും അല്ലെ ഒരു ചീത്ത കുറഞ്ഞപ്പോൾ മറുപടി പറയേണ്ടി വരും ഒരു ഇത് അടിച്ച ചെറുപ്പം നമുക്ക് തടുക്കേണ്ടി വരും ചിലപ്പോൾ തിരിച്ചന്ന് കൊടുക്കേണ്ടി വരും ഇതൊക്കെ എന്താണ് ഇവിടെ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് അതിനാണ്ട് പ്രതിസംവേദനത്തിന്റെ ഭാഗമായി വരുന്നത് സംവേദനം പ്രകൃതിയിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത് പ്രതിസംവേദനം നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കണം അവിടെ ഓവറാകാതിരിക്കാൻ നോക്കിയാൽ ആ പാടില്ലെന്നുള്ള നമ്മുടെ മനസ്സ് ശാന്തമാണ് ഓവറായാൽ നമുക്ക് ശാന്തി നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിച്ചാൽ എന്തെങ്കിലും പാലിക്കാമെന്നുള്ളതാണ് നമ്മുടെ മനസ്സമാധാനം നിലനിർത്തുന്നതിന് ഏറ്റവും ആ തിരിച്ചു അവിടെ അതിനിടയ്ക്ക് നമ്മുടെ ഒരു തീരുമാനമാണ് ഇത് എത്രമാത്രമാകാം ഇതിന് ഒരടി കൊടുക്കണം അതേ രണ്ടടി കൊടുക്കണം അതിന്റെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നതിന് ഉള്ള ക്ലാരിറ്റി നമ്മുടെ മനസ്സിൽ എന്നുവെച്ചാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ പാടില്ല ഇതി കൂടെ നിർത്തണം ഇതിൽ കൂടുതൽ പാടില്ല എന്നുള്ള ആ ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വേണം എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന മൂടൽ മഞ്ഞളൊന്നും പാടില്ല യും മനസ് ശാന്തമായി ഇന്നത്തെ സമാധാനം നിലനിർത്താൻ പറ്റും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് അതേപറ്റും തത്വചിന്തയുടെ ലോകമല്ല ഞാൻ പറഞ്ഞു തത്വചിന്തയുടെ ലോകത്തിലേക്ക് പോയാൽ ചിന്താ ലോകത്തിലേക്ക് പോയാൽ ഓരോരുതിഷ്ഠമാണ് ഓരോരുത്തരുടെ താല്പര്യമാണ് എനിക്കത് വളരെ രസകരമായൊരു കാര്യമാണ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതുപോലെ എൻ്റെ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു മറ്റതുപോലെ കാരണം അതെൻ്റെ ഇഷ്ടം വിഷയമാണ് എത്രയായാലും ഈ മടക്കത്തിൽ പക്ഷേ സാധാരണ ജീവിതത്തിനകം തന്നെ ഉണ്ടാവും സാധാരണ ജീവിതം എന്ന് വെച്ചാൽ മനുഷ്യരുമായി ഇടപെടുന്ന ജീവിതം ഇവിടെ ഒരുപാട് ഇവന്റുകളുണ്ട് എനിക്ക് നേരിടേണ്ടത് സംഭവങ്ങളുണ്ട് സംഭവ പരമ്പര അവിടെ എങ്ങനെയാണ് എന്റെ പ്രതിപ്രവർത്തനം നടക്കേണ്ടത് അത് ഓവറാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ സമാധാനം കണ്ടെത്തിയിട്ടുള്ളത് മറ്റിടത്ത് സമാധാനം കണ്ടെത്തുന്നത് നമ്മൾക്ക് ഇഷ്ട വിഷയത്തിൽ ഒരാൾക്ക് സംഗീതം വളരെ ഇഷ്ടമാണ് അത് കേട്ട് ഒരു വലിയ കാര്യമൊന്നും അല്ല സംഗീതം കേട്ടാനിരിക്കും പക്ഷെ എപ്പോഴും സംഗീതം കേട്ടാനിരിക്കാം നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങി ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്താണ് കട്ടലും കൂട്ടലും ചടവോടും എല്ലാം ചുറ്റുപാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ശാന്തിയെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം അതെങ്ങനെ എന്നുള്ളത് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മബോധം എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാ തരത്തിലുള്ള അറിവിനാശി നമ്മുടെ മനഃശാസ്ത്രജ്ഞാനം സോഷ്യൽ അവയർനസ് സാമൂഹ്യജ്ഞാനം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ചുള്ള അറിവ് വ്യക്തികളെ കുറിച്ച് അറിവ് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികൾ ദൈനംദിന നമ്മളെ ഏർപ്പെടുന്ന വ്യക്തികൾ അവരുടെ സ്വഭാവവിശേഷങ്ങൾ അവരോട് എങ്ങനെ പെരുമാറണം ഇത്തരം എല്ലാ അറിവുകളും ഉപയോഗപ്പെടുത്തി വേണം മനസ്സിൽ ഒരാളുടെ സമാധാനത്തിൽ നടന്നു അത് പ്രായോഗിക ജീവിതത്തിൽ നടന്നിട്ടേണ്ട വിശാലം അതിനെ കുറിച്ചാണ് ഉള്ളത് മറ്റത് പരവുമായ തത്വമാണ് പ്രകാശിക്കുന്ന രണ്ടും മനുഷ്യനാവശ്യം ഇത് ഞാൻ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ചർച്ചകൾ തുടങ്ങുന്ന സമയത്തു ആത്മബോധം ആത്മജ്ഞാനം ഓറ്റം അതൊക്കെ ശരി പുതിയ കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശാന്തി അതിനുള്ള വഴികളാണ് നമുക്കിപ്പോൾ ശാന്തി വേണ്ടത് പിന്നെ അല്ലെ മറ്റത് അശാന്ത സുഖത്തെ സുഖം ശാന്തിയില്ലാത്തവരെങ്ങനെയാണ് ഈ പറയുന്നത് വലിയ സുഖങ്ങളൊക്കെ പരിക്ക അതുകൊണ്ടാണ് നമ്മുടെ ജീവിത സന്ദർഭങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കണം എന്ന് എന്റെ ലോകത്ത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതുകൊണ്ട് ഈ പറയുന്നത് ശരിയാണ് പരമം തത്വം സ്വയമേവം പ്രസിദ്ധീപത്തി എന്നാൽ ഇതിനോടനുബന്ധിയായി മറ്റു കാര്യങ്ങളും നമ്മൾ